അദ്ദേഹം പറഞ്ഞു അപ്രകാരം തന്നെ സംഭവിക്കും നിന്റെ രക്ഷിതാവ് പറഞ്ഞു അതെനിക്ക് വളരെ എളുപ്പമാണ് ജനങ്ങൾക്കൊരടയാളമായും ഞങ്ങളുടെ കാരുണ്യമായും അദ്ദേഹത്തെയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്